ഒരാളുടെ ഭാരം മറ്റൊരാൾ ചുമക്കേണ്ടി വരില്ല ഭാരം ചുമക്കുന്നവൾ തൻറെ ഭാരത്തെക്കുറിച്ച് മറ്റൊരാളോട് സഹായം തേടിയാലും അത് ബന്ധുവാണെങ്കിൽ പോലും അതിൽ നിന്നും ഒന്നും ചുമക്കപ്പെടുകയില്ല അദൃശ്യമായി തൻറെ രക്ഷിതാവിനെ ഭയപ്പെടുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്തവർക്ക് മാത്രമാണ് നീ താക്കി ഇത് ആരെങ്കിലും ശുദ്ധിയാകാൻ ശ്രമിച്ചാൽ അത് സ്വന്തം നന്മയ്ക്കു വേണ്ടിയാണ് മടക്കം അള്ളാഹു സുബഹാനഹുവ ചായാലായുടെ അടുത്തേക്കാണ്